ധ്യായം പതിനൊന്ന് അനന്തരം യഹോവ മോശയോട് ഞാൻ ഒരു ബാധ കൂടെ പറവന്മേലും മിശ്രന്മേലും വരുത്തും അതിന്റെ ശേഷം അവൻ നിങ്ങളെ ഇവിടെ നിന്ന് വിട്ടയക്കും വിട്ടയക്കുമ്പോൾ നിങ്ങളെ ഒട്ടൊഴിയാതെ ഇവിടെ നിന്ന് ഓടിച്ചു ഓരോ പുരുഷൻ താൻ താന്റെ അയൽക്കാരനോടും ഓരോ സ്ത്രീ താൻ താന്റെ അയൽക്കാരുത്തിയോടും വെള്ളിയാഭരണങ്ങളും ഒന്നാഭരണങ്ങളും ചോദിപ്പാൻ നീ ജനത്തോട് പറകാം എന്ന് കൽപ്പിച്ചു യഹോവ മിശ്രൈമ്യർക്ക് ജനത്തോട് കൃപ തോന്നുമാറാക്കി വിശേഷാൽ മോശയെന്ന പുരുഷനെ മിശ്രയിം ദേശത്ത് പറവുന്റെ ഭൃത്യന്മാരും പ്രജുകളും മഹാശ്രേഷ്ഠനായി വിചാരിച്ചു മോശ പറഞ്ഞതെന്തെന്നാൽ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു അർദ്ധരാത്രിയിൽ ഞാൻ മിസ്രീമിന്റെ നടുവിൽ കൂടി പോകും അപ്പോൾ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഹറവോന്റെ ആദ്യ മുതൽ തിരികല്ലിങ്കൽ ഇരിക്കുന്ന ദാസിയുടെ ആദ്യ വരെയും മിസ്രൈം ദേശത്തുള്ള കടിഞ്ഞൂലൊക്കെയും മൃഗങ്ങളുടെ എല്ലാ കടിഞ്ഞൂലും ചത്തുപോകും മിശ്രയും ദേശത്തെങ്ങും മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്തതും ഇനി ഉണ്ടാകാത്തതുമായ വലിയൊരു നിലവിളി ഉണ്ടാകും എന്നാൽ യഹോവ മിശ്രൈമ്യർക്കും ഇസ്രയേല്യർക്കും മധ്യേ വ്യത്യാസം വയ്ക്കുന്നു എന്ന് നിങ്ങളറിയേണ്ടതിന് ഇസ്രയേൽ മക്കളിൽ യാതൊരു മനുഷ്യന്റെയോ മൃഗത്തിന്റെയോ നേരെ ഒരു നായി പോലും നാവ് അനക്കുകയില്ല അപ്പോൾ നിന്റെ ഈ സകല ഭൃത്യന്മാരും എന്റെ അടുക്കൽ വന്ന് നീയും നിന്റെ കീഴിലിരിക്കുന്ന സർവ്വജനവും കൂടെ പുറപ്പെടുക എന്നു പറഞ്ഞ് എന്നെ നമസ്കരിക്കും അതിന്റെ ശേഷം ഞാൻ പുറപ്പെടും അങ്ങനെ അവൻ ഉഗ്ര കോപത്തോടെ പറവോന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ടു പോയി യഹോവ മോശയോട് മിശ്രയും ദേശത്ത് എന്റെ അത്ഭുതങ്ങൾ പെരുകേണ്ടതിന് പറവോൻ നിങ്ങളുടെ വാക്ക് കേൾക്കയില്ല എന്നരുളി ചെയ്തു മോശയും അഹരോനും ഈ അത്ഭുതങ്ങളൊക്കെയും പറവോന്റെ മുമ്പാകെ ചെയ്തു എങ്കിലും യഹോവ പറവോന്റെ ഹൃദയത്തെ കഠിനമാക്കി അവൻ ഇസ്രയേൽ മക്കളെ തന്റെ ദേശത്തുനിന്ന് വിട്ടയച്ചതുമില്ല